അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ അവർ തങ്ങളുടെ തന്നിഷ്ടങ്ങളെയാണ് പിന്തുടരുന്നതെന്ന് നീ മനസ്സിലാക്കുക അള്ളാഹുസുബഹാനഹുവ ത്യാനായുടെ സന്മാർഗമില്ലാതെ സ്വന്തം തന്നിഷ്ടത്തെ പിന്തുടരുന്നവനേക്കാൾ വലിയ വഴിപിഴച്ചവൻ മറ്റാരുണ്ട് തീർച്ചയായും അക്രമികളായ ജനതയെ അള്ളാഹുസുബഹാനഹുവ ത്യല സന്മാർഗത്തിലാക്കുകയില്ല